കർമ്മവും കർമ്മയ്ക്കും പരം കർമ്മത്തെ ജഡം എന്നാണ് രമണ ഭഗവാൻ ഉപദേശസാരം തുടങ്ങുമ്പോ പറഞ്ഞു ഒരു കർമ്മവും ഈ പൂജ ചെയ്യലോ അല്ലെങ്കിൽ സന്ധ്യാവന്തരമിങ്ങനെ ആചമനം ചെയ്യുന്ന കർമ്മം അടിച്ചുതെളിയക്കാലും വിശിഷ്ടമൊന്നുമല്ല പക്ഷെ ഒരാൾക്ക് നിയമപ്പടി സന്ധ്യാവന്തനാദി അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ വൈദികമായ കർമ്മങ്ങളോ ആണ് കിട്ടിയിരിക്കുന്നത് വേറെ ഒരാൾക്ക് നിയമ അയാൾക്ക് ജന്മനാ കിട്ടിയിരിക്കണ പണി അടിച്ചു തെളിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാചകം ചെയ്യലോ ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അയാൾ അത് ചെയ്യട്ടെ എന്താ ചെയ്യണമെന്ന് ഒരു കർമ്മവും ഒന്നിനും സ്വയമേവ ജീവനില്ല അത് ജഡമാണെന്നാണ് കർമ്മയ്ക്കും പരം കർമ്മ ഈ കാരണം ഒത്തിരി യുക്തി വിചാരിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ കർമ്മങ്ങളൊക്കെ തന്നെ ഒരു മെഷിനെ കൊണ്ടും ചെയ്യിപ്പിക്കാം ഇന്നത്തെ കാലത്ത് പൂജ ചെയ്യാൻ ഒരു മെഷീൻ കണ്ടുപിടിച്ചാൽ ഇപ്പത്തെ പൂജക്കാരൊന്നും സിൻസിയറല്ല ശരിക്കും മന്ത്രം ചൊല്ലണില്ല എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മെഷിൻ ഒരു കുഴപ്പം പറ്റിക്കാതെ കറക്റ്റായിട്ട് മന്ത്രം ചെയ്യും ശരിക്കും അർച്ചന ചെയ്യും നിർത്തി ചെയ്യും ആരും വന്നാലും ഓടിക്കില്ല ഒരു ദിവസം അത് റോബോട്ട് ഭംഗിയായിട്ട് ഒരു ഒരു വെച്ചാൽ നല്ല തേജസ്വിയായിട്ട് ഒരാളെ നാളെ ഉണ്ടാക്കിത്തരും അമ്പലങ്ങളൊക്കെ അത് വരും ചിലപ്പോ കണ്ടാൽ പൂജ ചെയ്യുന്ന ആള് പൂജക്കാരൻ കണ്ട അത്ര തേജസ്വിയായിരിക്കും ജീവൻ മാത്രം ഉണ്ടാവില്ലേ അത്രയേ ഉള്ളൂ അത് അർച്ചനയും മന്ത്രജപവും അണിയടിയും ഒക്കെ ഭംഗിയായിട്ട് ചെയ്യും അതെന്താ പൂജയാവോ ജഡം അല്ലേ അതിനൊന്നും പൂജയൊന്നുമില്ല അതിന് ഭഗവാനുമില്ല താനുമില്ല ഭാവവും ഒന്നുമില്ല അപ്പോ ഭാവം വരുന്നത് എവിടെയാ ചെയ്യുന്ന ആളുടെ ഉള്ളിലാണ് ഭാവമാണ് ആ ഭാവം ഈ മണിയടിക്കുന്നതിലും പുഷ്പാർച്ചനയിലും വരാമെങ്കിൽ അടിച്ചു തെളിയിലും അടുക്കള പണിയിലും വന്നുകൂടന്നില്ലല്ലോ വേണമെങ്കിൽ വരുത്തിക്കാമല്ലോ വേണമെന്ന് സങ്കൽപ്പിക്കണം അത്രയേ ഉള്ളൂ ആദ്യമൊന്ന് അതാണ് ഈ പൂജയ്ക്കൊക്കെ സാധാരണ നമ്മൾ സങ്കല്പിക്കും അമോപാത്ര സമസ്ത ദുരിതക്ഷേത്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം പൂജാം കരുഷ്യേ ഭഗവത് സാന്നിധ്യത്തിന് ആവാഹിക്കലൊക്കെ ചെയ്യുന്നില്ലേ ഇതൊക്കെ തന്നെ ഒരു സിമ്പിളാണ് മിടുക്കുള്ളവന് കൗശലമുള്ളവന് അവൻ ചെയ്യുന്ന പണിയിൽ പതുക്കെ പതുക്കെ ഭഗവത് സ്മരണ കൊണ്ടുവരാൻ കഴിയും ഇതാണ് കർമ്മയോഗം കർമ്മയോഗം തന്നെ ഭക്തിയോഗം ഗീതയിൽ ആചാര്യ ശങ്കരന്റെ അഭിപ്രായത്തിൽ ഈ ഭക്തിയോഗം എന്ന് പറയുന്നത് കർമ്മയോഗം തന്നെയാണ് കാരണം ഗീതയിൽ ഭക്തിയോഗം എന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല ലോകേസ്മിൻ ദ്വിധാനിഷ്ഠാ പുരാപ്രോക്താ മയാനഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്ന് ഭഗവാൻ ദ്വിധാനിഷ്ഠയാണ് പറഞ്ഞത് പക്ഷെ ഭക്തി രണ്ടിലും കൂടാതെ കഴിയില്ല ഭക്തിയില്ലെങ്കിൽ അത് കർമ്മവുമാവില്ല ജ്ഞാനവുമാവില്ല അത്രയുള്ളൂ അപ്പൊ ഭക്തി രണ്ടിനു പുറകിലും ഉള്ളതാണ് ഭക്തി ഒരു പ്രത്യേക യോഗമല്ല ഭക്തി രണ്ടിലും വേണ്ടതാണ് അപ്പൊ കർമ്മം അല്ലെങ്കിൽ വെറും ജടമായി പോവും ഭക്തിയില്ലെങ്കിൽ ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ഈശ്വരന് ഈശ്വരന് വേണ്ടി ചെയ്യണമെന്നുള്ള ഭാവത്തോടെ സകലതും ഭഗവാൻ എന്നുള്ള ഭാവത്തോടുകൂടെ അഭ്യസി കർമ്മം ചെയ്യലാണ് ഭാഗവതധർമ്മം ഇത് പതുക്ക് പതുക്ക് പതുക്കെ അപ്പൊ അതിനാണ് ഭാഗവത സമ്പ്രദായത്തിൽ ഒരു എളുപ്പ വഴി പറഞ്ഞത് നാമജപം ചെയ്തുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് സ്മരണ ചെയ്തുകൊണ്ട് ചെയ്യന്തിനാ വെച്ചൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഓർമ്മ പക്ഷെ ചിലപ്പോ ഓർമ്മ അധികമായി പോകും അധികമായി പോകുമ്പോഴാണ് അവരെ അതിക്രാന്തരാവണത് ഗുരുനാനാക്ക് പലചരക്ക് കടയിൽ പണിയെടുത്തുകൊണ്ടിരുന്നു ആളുകൾ വരുമ്പോ സാധനങ്ങൾ പെറുക്കി കൊടുക്കും ചോദിക്കുന്ന സാധനം പൊതിഞ്ഞു കൊടുക്കും ഇതൊക്കെ അപ്പൊ ഒരു ദിവസം ആരോ ഗോതമ്പ് ചോദിച്ചു ഗോതമ്പ് ചോദിച്ചപ്പോ അദ്ദേഹം അളന്നുകൊടുത്തു ഗോതമ്പ് ഗോതമ്പ് അളന്നു കൊടുക്കുമ്പോ ീൻ ചാർ ഇദ്ദേഹം സദാ ഒരു അണ്ടർ കറണ്ട് ഇദ്ദേഹത്തിന് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല വരുന്ന ആളും ഭഗവാനാണ് എല്ലാം ഭഗവത് സ്വരൂപമാണ് സകലതും ഭഗവാന്റെ ആണ് ഇതിങ്ങനെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടേ ആ ഒരു അഖണ്ഡ പ്രേമ അത് ഒരു കറണ്ട് പോലെ ഇരിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഒരുവിധം പിടിച്ചു നിന്നിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പോഴാണ് ഏക്ക് ദോ തീൻ ചാർ പാഞ്ച് ചേ സാട്ട് നൗ ദസ് ഗ്യാര ബാറ പന്ത്രണ്ട് വരെ ഒരുമാതിരി എണ്ണി തേരാ എന്ന് പറഞ്ഞു പതിമൂന്ന് അതിന് മറ്റൊരർത്ഥം എന്താ അങ്ങേടെയാണ് എന്നാണ് തേരാ എന്നുള്ളതിന് പതിമൂന്ന് എന്നുള്ളത് മറന്നുപോയി തേരാ തേരാ തേറ തേരാ തേരാ തേരാ എന്ന് പറഞ്ഞ് അത് തന്നെ പാടുകയും ചാക്കിലുള്ള ഗോതമ്പ് മുഴുവൻ എടുത്ത് കടൽ മുഴുവൻ തൂവയും നർത്തനം ചെയ്യാനും തുടങ്ങിയതാണ് ചിലപ്പോ അങ്ങനെയൊക്കെ ആയ എത്തിയും കർമ്മം ചെയ്യുമ്പോ കർമ്മം ചിലപ്പോൾ വിട്ടുപോയി അപ്പോ അതും ഒരഴക് തന്നെയാണ് അതും ശോഭനം തന്നെയാണ് എന്നുവെച്ചാൽ കർമ്മം വിട്ടുപോണ്ടതാണ് കർമ്മം വിട്ടുപോണ്ടതാണ് എന്നെങ്കിലും വിട്ടുപോകും വിട്ടുപോയാൽ ദൂഷ്യമൊന്നും വരാനില്ല കാരണം നമ്മളിവിടെ ഒന്നും ഒന്നും ചെയ്ത് കിഴിക്കാൻ വന്നവരല്ല ഭഗവത് പ്രാപ്തിക്ക് വന്നവരാണ് എല്ലാം വിട്ടുപോയാലും കിട്ടേണ്ടത് കിട്ടിയാൽ നല്ലതാണ് ബാക്കിയൊക്കെ മംഗളമായിക്കൊള്ളും അതുകൊണ്ട് ഒരുപക്ഷെ ഇതൊക്കെ വിട്ടുപോവുകയാണെങ്കിൽ വിട്ടുപോകണമെന്നില്ല വിട്ടുപോകാതെ ഭംഗിയായിട്ട് എത്രയോ പേര് ഭാഗവതധർമ്മത്തിൽ ഇരുന്നിട്ടുണ്ട് ഒരുപക്ഷെ വിട്ടുപോയാലും അതും ശോഭനം തന്നെ നൈഷ്കർണ്യ സിദ്ധ്യം പരമാം സന്യാസേനാധികച്ചതി കർമ്മമൊക്കെ വിട്ടുപോകുന്ന ഭഗവതൈക ശരണന്മാരാവുന്നവര് ഉണ്ടായാൽ അതും നല്ലത് തന്നെ അങ്ങനെ ആ ഭഗവത് അനുഭൂതിക്ക് ഒരു ഉപാസനയാണ് ഈ ഭാഗവതധനം സകലതും ഭഗവാനാണെന്ന് കാണുന്നതൊക്കെ നായാവട്ടെ പൂച്ചയാവട്ടെ പശുവാവട്ടെ എന്തൊക്കെ കാണുന്നു അതിലൊക്കെ ഭഗവാനെ കാണുന്നവരാണ് ഭാഗവതന്മാർ ഇത് ഇപ്പൊ നമ്മൾ അറിയണം വ്യവഹാരത്തിൽ വരുമ്പോൾ നമ്മൾ കാണാം ഇത് ഈ ജ്ഞാനം വ്യവഹാരവുമായിട്ട് കൂട്ടിമുട്ടണത് അവിടെയാണ് നമ്മളുടെ സാധനയിരിക്കുന്നത് നമ്മൾ നാമസ്മരണ ചെയ്യുന്നു എല്ലാം ഭഗവാനാണെന്ന് പറയുന്നു പക്ഷേ വ്യവഹാരത്തിൽ വരുമ്പോ നമുക്ക് കാണാം ചിലരോട് ഇഷ്ടം ചിലരോട് അനിഷ്ടം ചിലർ വരുമ്പോ കോപം ഇതൊക്കെ യോഗത്തിന് നിൽക്കുന്നത് കാണും അതായത് നമ്മളുടെ സമസ്ഥിതിയെ ഉള്ളിലുള്ള ശാന്തിയെ സമാഹിതത്വത്തിനെ ചലിപ്പിക്കുന്നത് കാണും അപ്പോ അതിനെ എങ്ങനെ പരിഹരിക്കുമെന്ന് വരുമ്പോഴാണ് യഥാഹി ഭഗവാനേവസ്തുത സദസച്ചയത് സത്യേന അനേനന സർവേ യാാന്തുനാശമുപദ്രവാഹ സകലതും ഭഗവാനാണെന്നുള്ളൊരാസ്ത്രം പ്രയോഗിക്കുകയാണെന്നാണ് ഭാഗവതത്തിലെ നാരായണ കവചമാണത് സകലതും ഭഗവത് സ്വരൂപമാണെന്നുള്ളൊരു വിദ്യയെ പ്രയോഗിച്ചിട്ട് എന്റെ ഉപദ്രവങ്ങളെയൊക്കെ ഞാൻ നീക്കുകയാണ് യാാന്തുനാശം ഉപദ്രവാഹ അത് പതുക്കെ പതുക്കെ പതുക്കെ ചെയ്യുന്നവനാണ് ഭാഗവതൻ പതുക്കെ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കല്ല ചെയ്യണത് നമ്മൾക്ക് തന്നെയാണ് നമ്മളുടെ ഉള്ളില് ദ്വേഷം വരുമ്പോ മനസ്സ് ആത്മാവിനെ വിട്ടു വലകും രാഗം വരുമ്പോഴും മനസ്സ് ആത്മാവിനെ വിട്ട് വലകും രണ്ടും രണ്ടു വന്നാലും മനസ്സ് സ്വരൂപത്തിനെ വിട്ട് മാറിപ്പോകും ആ സ്വരൂപത്തിനെ വിട്ട് മാറിപ്പോവാതിരിക്കാനാണ് നമ്മളെ പതുക്കെ പതുക്കെ മനസ്സ് എവിടെയൊക്കെ ചെല്ലണോ എന്തിനോടൊക്കെ പറ്റിക്കൂടുന്നു അതിലൊക്കെ തന്നെ വിശ്വരൂപനായ ഭഗവാനെ കാണുന്നത് വിശ്വതശക്ഷുരുത വിശ്വതോ മുഖ അങ്ങനെ കാണുന്നത് പതുക്കെ പതുക്കെ മനസ്സിനെ സമാഹിതമാക്കാണ് ഇതാണ് വളരെ എളുപ്പമായ ഒരു മാർഗം ഇതില് കണ്ണടച്ചിരിക്കുക എന്നുള്ളതില്ല മനസ്സിനെ ബലമായി ഹഠമായി പിടിച്ച് ഇരുത്തുക എന്നുള്ളതില്ല നമ്മൾ ഇഷ്ടരൂപത്തിൽ ഭഗവാനെ ഏതെങ്കിലും മാർഗത്തിൽ ഉപാസിക്കുന്നു സഗുണ സാഗാരമായി കാണുന്നതിൽ തന്നെ പതുക്കെ പതുക്കെ ഓർമ്മ വയ്ക്കണം അത്രയേ ഉള്ളൂ ഓർമ്മ വയ്ക്കണം നമ്മളുടെ വൈദിക കർമ്മങ്ങളൊക്കെ തന്നെ ഈ ഭാഗവതധർമ്മത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ബ്രാഹ്മണന് ഔപാസനം ബ്രഹ്മയജ്ഞം ഇതിനോടൊപ്പം വൈശ്വദേവം എന്നൊരു കർമ്മമുണ്ട് ഈ വൈശ്വദേവ കർമ്മം ക്രമേണ ക്രമേണ വെറും വൈദിക കർമ്മമായിട്ട് മാത്രം പരിണമിച്ചു പക്ഷെ വൈശ്വദേവ കർമ്മത്തിന് ഈ ആശയമാണ് ഇയാള് വിശ്വത്തിൽ കാണുന്നതൊക്കെ തന്നെ ഭഗവാനാണ് ദേവനാണെന്ന് അറിയാൻ തന്റെ അന്നത്തിന്റെ ഒരു ഭാഗം കാണുന്നവർക്ക് വേണ്ടി നീക്കിവെക്കലും മറ്റുള്ളവർക്ക് അതിഥിക്ക് വേണ്ടിയും ഭൂതങ്ങൾക്ക് വേണ്ടിയും മറ്റ് പ്രാണികൾക്ക് വേണ്ടിയൊക്കെ നീക്കിവെക്കലോ ഒക്കെ ഈ വൈശ്വദേവകർമ്മത്തിന്റെ ഒരു ഭാഗമാണ് ഒരാളെ ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ തന്നെ വൈശ്വത്തിന് വിളിക്കുക എന്നാണ് പഴയകാലത്ത് പറയാം അപ്പൊ ആ വൈശ്വദേവ ഈ ഗീത ഈ വിശ്വം മുഴുവൻ ഭഗവത് സ്വരൂപമാണെന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് അനുഭവം വരാനായിട്ട് പതുക്കെ പതുക്കെ ചെയ്യുന്ന ഒരു ഒരു ഉപാസനയാണ് അപ്പോ ഇതൊക്കെ തന്നെ ലാസ്റ്റ് ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു മത് കർമ്മകൃത്ത് അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കർമ്മത്തിനെയൊക്കെ ഭഗവാന്റെതാക്കണം നമ്മൾ ചുവട് എടുക്കാൻ പാടില്ല കർത്തൃത്വനാശായച്ച കർമ്മയോഗ വിഭക്തിാശായച്ച് ഭക്തിയോഗ വിയോഗനാശായ രാജയോഗ അബോധനാശായ ബോധയോഗ ഈ രാവിലെ എടുക്കുന്നുണ്ടല്ലോ രമണപരാവിദ്യ ഉപനിഷത്ത് അതിലെ ശ്ലോകമാണ് എന്താണ് കർമ്മയോഗം എന്ന് വെച്ചാൽ കർത്തൃത്വം നശിക്കുന്നത് കർമ്മയോഗം വിഭക്തി നശിക്കുന്നത് ഭക്തിയോഗം വിയോഗമില്ലാതാവണത് രാജയോഗം അബോധമില്ലാതാവണത് ബോധയോഗം എന്നാണ് ജ്ഞാനയോഗത്തിനു പകരം ബോധയോഗം എന്ന് പറഞ്ഞു അപ്പോ ഈ കർത്തൃത്വം ഇല്ലാതായാൽ നമ്മൾ ചാനലാവും നമ്മൾ ഇപ്പോഴും ചാനലാണ് നമ്മളൊന്നും അല്ല കർമ്മം ചെയ്യണത് ഇന്നലെ സോംനമ്പുളിസം എന്ന് പറഞ്ഞു ഉറക്കത്തിൽ നടക്കുന്ന ആൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് പലതും ചെയ്യുന്നു പറഞ്ഞു അവർ കഴിയുന്നേറ്റാറി നമ്മള് ശ്രദ്ധിച്ചാൽ കാണും ഒരു എയ്റ്റി പെർസെന്റ് നമ്മൾ സോംനമ്പുളിസ്റ്റ് ആണ് നമ്മൾ ബോധപൂർവമാണ് ചെയ്യണതെന്ന് വിചാരിക്കുന്നു പലതും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇതുവരെ വന്ന കാര്യം ആലോചിച്ച് നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ ശ്രദ്ധിച്ചാൽ കാണാം അല്പമേ ഈ ബസ് ഈ ബസ് അങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിച്ചു എന്നല്ലാതെ ബാക്കിയൊക്കെ ഉറക്കത്തിലാണ് നടന്നിരിക്കുന്നത് എന്തൊക്കെയോ ചിന്തിച്ചു ശരീരം എങ്ങനെ നടന്നു കയറി വന്നു പോയി നടുവിലൊക്കെ ഓട്ടോവും വണ്ടികളും പോയി അഴക്കോടൊക്കെ എങ്ങനെ എങ്ങനെ എങ്ങനെ നടന്നു വന്നു ഇവിടെ വന്നെത്തി ഇവിടെ വന്നിരുന്നു നോക്കിയാൽ ഏതോ ഒരു മഹാശക്തിയെ ശരീരത്തിനെ നടത്തിക്കൊണ്ടിരിക്കും ഈ കർമ്മയോഗം എന്ന് പറയണത് വിശ്വരൂപം ദർശന ഭക്തിയോഗം എന്ന് പറയണത് ഭഗവാന്റെ ശക്തിയെ ആണ് ഉപാസിക്കണത് ജ്ഞാനയോഗത്തിൽ സത്തയെയാണ് പ്രധാനമായിട്ട് അപ്പോ ഈ കാണുന്ന ശക്തിയാണല്ലോ കർമ്മം പ്രവർത്തിക്കുന്നതിനെ മുഴുവൻ ഞാനല്ല ഭഗവാനാണ് സകലത്തും ഭഗവാനാണ് ചെയ്യണത് എനിക്കൊന്നും അറിയില്ല ഭഗവാനാണോ ഒക്കെ ചെയ്യേണ്ടത് ഞാൻ ഭഗവാന്റെ കയ്യിൽ യന്ത്രമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ കുട്ടിയാണ് ഭഗവാന്റെ ദാസനാണ് ഭഗവാൻ എങ്ങനെ ചെയ്യിപ്പിക്കണമോ അങ്ങനെ ചെയ്യണോ ഭഗവാൻ എങ്ങനെ ചിന്തിപ്പിക്കണോ അങ്ങനെ ചിന്തിക്കണോ ഭഗവാൻ എങ്ങനെ പറയിപ്പിക്കണോ അങ്ങനെ പറയണോ ഇത് പതുക്കെ പതുക്കെ പതുക്കെ നമ്മൾ ഒരു വശത്ത് വിശ്വാസം കൊണ്ടും നടക്കും മറ്റൊരു വശത്തിൽ ശ്രദ്ധ കൊണ്ടും നമുക്ക് ഇതാണ് സത്യം വിശ്വാസം കൊണ്ടാണെങ്കിലോ ഇത് അങ്ങനെ സ്വീകരിച്ചാൽ മതി ഭഗവാൻ യാൻ യന്ത്രം രാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് പറയണതാണ് ജന്ത്ര തുമി ജന്ത്ര നീ യന്ത്രമാണ് അമി ഞാൻ യന്ത്ര യന്യാണ് ഞാൻ യന്ത്രമാണ് ഈ ഒരു ഭാവമാണ് മത്കർമ്മകൃത് മത് പരമ മത്ഭക്ത ഈ സ്ഥിതി വന്നാൽ സംഘവർജിത ഒന്നിനോടും പ്രത്യേകത ഉണ്ടാവില്ല പിന്നെ എന്തിനോട് പോയി പറ്റിക്കൂടും സംഘമില്ല സംഘവർജിത നിർവൈര സർവഭൂതേഷു ആരോടും വെറുപ്പില്ല എങ്ങനെ വെറുക്കാൻ പറ്റും വെറുത്താൽ ദ്വൈതമെന്ന് പോവും സംഘം സംഘമുണ്ടായാലും ദ്വൈതമെന്ന് പോവും ഈ അദ്വൈതം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമല്ല എന്തൊക്കെ തന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് എന്തിനോടെങ്കിലും പ്രത്യേകതയുള്ളവരെ ദ്വൈതമുണ്ട് ഒരു പക്ഷേ ഞാൻ വിശിഷ്ടാദ്വൈതിയോ ദ്വൈതിയോ ആണെങ്കിലും സിദ്ധാന്തം കൊണ്ട് എനിക്ക് എല്ലാത്തിനോടുള്ള രാഗവും ദ്വേഷവും പോയാലും അനുഭവത്തിൽ ഞാൻ അദ്വൈതിയായി പോവും അപ്പൊ അദ്വൈതം എന്നുള്ളത് ഒരു സിദ്ധാന്തമോ ഒരു ഫിലോസഫിയോ ഒന്നുമല്ല വാസ്തവത്തിൽ ഒരാളെ അദ്വൈതിയുള്ളൂ ആത്മ ആത്മാവാണ് അദ്വൈതി ഒരാൾക്ക് അദ്വൈതിയാവാൻ പറ്റില്ല ആത്മാവിന്റെ സ്വരൂപമാണത് എപ്പോ ഒരാൾ ആത്മാവായി മാത്രം നിൽക്കണോ വ്യക്തിയല്ലാതായി തീരണോ അപ്പോഴാണ് അയാൾ അദ്വൈതിയാവുന്നത് എങ്ങനെയോ ഏതോ വിധത്തിൽ ഭക്തിമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ ഏത് മാർഗത്തിലാണെങ്കിലും ശരി ഈ അഹങ്കാരം പ്രത്യേക വ്യക്തിസത്തയെ ഇല്ലെന്ന് അറിയാം അതിനെ ഇല്ലാതെ ആക്കുമൊന്നും വേണ്ട കാരണം അത് ഇല്ലാത്തതാണ് സ്വീകരിച്ചാൽ മതി ഉണ്ട് ഉണ്ടെന്ന് തോന്നുകയാണ് സുഷുപ്തിയിൽ എവിടെ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ ഇന്നവനാണ് ഞാൻ ഉണ്ടല്ലോ അഹങ്കാരം ഉണ്ടല്ലോ സുഷുപ്തിയിലുണ്ടായിരുന്നോ ശരീരമുണ്ടല്ലോ സുഷുപ്തിയിൽ ശരീരം ഉണ്ടായിരുന്നോ മനസ്സുണ്ടല്ലോ സുഷുപ്തിയിൽ മനസ്സുണ്ടായിരുന്നോ വീണ്ടും വീണ്ടും ആ സ്റ്റേറ്റിലേക്ക് പോയി നോക്കൂ അവിടെ ശരീരമില്ല അവിടെ മനസ്സില്ല അവിടെ വ്യക്തി അഭിമാനമില്ല അവിടെ ഞാനുണ്ടായിരുന്നല്ലോ സത്തയുണ്ടായിരുന്നുവല്ലോ ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞ് പൊന്തി വന്നു സുഷുപ്തിയിൽ ഏതൊന്നുണ്ടായിരുന്നു അതിപ്പോഴുമുണ്ട് സുഷുപ്തിയിൽ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ നമ്മളുടെ വ്യക്തി അഭിമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ലേ അവഴുന്നേറ്റ ഉടനെ എല്ലാം പൊന്തി വരണം ഇത് പൊന്തുകയും അസ്തമിക്കുകയും ചെയ്യുന്നതാണ് ഇതൊന്നും നിത്യമല്ല ഏതൊന്നും ഉള്ളതാണോ മൂന്ന് കാലത്തിലും ബാധിക്കപ്പെടാതെ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ അസത് ഇരുപ്പ് അസ്തിത്വം അതൊരിക്കലും മാറണില്ല അതാണ് നമ്മളുടെ സ്വരൂപം സഹജമായ സ്വരൂപം അതിനൊരു മാറ്റവുമില്ല അപ്പോ അതല്ലാതെ ഈ വ്യക്തി ഞാൻ ഇന്നവൻ എന്ന് പറഞ്ഞത് വെറും ഒരു ഒരു തോന്നലാണ് അല്ലെങ്കിൽ എന്താ പറയുക ഭഗവതി ഇച്ഛ കൊണ്ടുള്ള ഒരു ലീലയാണ് അങ്ങനെയുള്ളൂ ഉപനിഷത്ത് പറയണത് ഭഗവാൻ തന്നെ തീരുമാനിച്ചു അത്ര ഞാൻ പലതായി തീരട്ടെ വൈകോഹം ബഹുശ്യാം എന്തിനാ കളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പലതായിട്ട് സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ഒക്കെ തിരട്ടെ എന്നിട്ടൊന്ന് പലതുമായിട്ടും ഒന്ന് കളിക്കട്ടെ എന്നിട്ട് ആ കളിയൊക്കെ അവസാനിപ്പിച്ച് കെട്ടൊക്കെ കെട്ടി പിന്നെ തിരിച്ചു പോവാ ഇത് ലോകവത്തുലീലാ കൈവല്യം ക്രീഡാർത്ഥം സ്രജസി പ്രപഞ്ചമഖിലം ക്രീഡാ മൃഗാസ്തേതന അപ്പൊ ആലോചിച്ചു നോക്കിയാല് അവിടെ പ്രഭാഷണം കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളും ഈ പറയണ ആളും മൈക്കും ഇവിടുത്തെ ഭഗവത്ഗീതാ പുസ്തകവും ഒക്കെ ഒരേ ആനന്ദത്തിന്റെ തിരുക്കൂത്താണ് തിരുക്കൂത്താണത് മുഴുവൻ അവിടെ അറിയാത്ത പോലെ കേൾക്കാനിരിക്കുന്ന ആളും ഇവിടെ അറിയണ പോലെ പറയണ ആളും ഒക്കെ ഒരു നാടകത്തിന്റെ ഭാഗമാണ് നിങ്ങളാരും അജ്ഞാനികളല്ല ഞാനൊട്ട് ജ്ഞാനിയും ഞാൻ മാത്രം ഒരു ജ്ഞാനിയുമല്ല ജ്ഞാനമേ ഉള്ളൂ നിങ്ങളൊക്കെ ജ്ഞാനസ്വരൂപികളാണ് ഈ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിനും ബുദ്ധിക്കും ഒക്കെ അപ്പുറമുള്ള ചിത്തിന് അറിയാത്ത കാര്യമൊന്നുമില്ല നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിൽ നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നുമില്ല സകല ഉപനിഷത്തും വേദവും നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ പൂർണ്ണമാണ് നിത്യമാണ് അഖണ്ഡമാണ് ഭഗവത് സ്വരൂപികളാണ് ത്വം സ്ത്രീ ത്വം പുമാനസി ഏതോ ഉപനിഷത്ത് ഋഷി പണ്ടപ്പോഴോ പ്രഭാഷണത്തിൽ നിന്നപ്പോ പറഞ്ഞതാണത് ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ത്വം ജീർണോ ദേന വഞ്ചസി ത്വം ജാതോഭവസി വിശ്വത്തോ മുഖ ഭഗവാനെ അവിടുന്ന് സ്ത്രീയാണ് അവിടുന്ന് പുരുഷനാണ് അവിടുന്ന് കുമാരനാണ് അവിടുന്ന് കുമാരിയാണ് വൃദ്ധനായിട്ട് നടക്കാൻ വയ്യാതിരിക്കുന്നതും അവിടുന്നാണ് ജീർണോ ദണ്ഡേന വഞ്ചസി നടപടി വടിയും പിടിച്ച് നടക്കണത് അവിടുന്നാണ് വിശ്വത്തോ മുഖ എല്ലായിടത്തും അവിടുന്നാണ് വിശ്വത ചക്ഷുരുത വിശ്വത്തോമുഖ ഇതാണ് ഉണ്മയായ വിശ്വരൂപ ദർശനം ഭാഗവത ദർശനം എന്ന് പറഞ്ഞു ഇതാണ് സത്യം പക്ഷേ പിന്നെയും മറന്നു പോകുന്നു എന്തുകൊണ്ട് മറക്കും കളിക്കാൻ വേണ്ടിയിട്ട് അത്രയുള്ളൂ ഇതാണ് അൾട്ടിമേറ്റ് ആൻസർ കളിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് കളിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് മറന്നു പോവാണ് മറന്നു പോയിട്ടില്ലെങ്കിൽ കളി നടക്കില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി കളിക്കാൻ വേണ്ടി മറന്നു പോവാണ് കളി കഴിഞ്ഞാൽ എപ്പ കളി കഴിയും ഈ കുട്ടികളൊക്കെ ഗ്രാമത്തിലെ ക്രിക്കറ്റ് കളിക്കൂ കുട്ടിക്കാലത്ത് ആരുടെയെങ്കിലും ഒരാളുടെ ആയിരിക്കും ബാറ്റും സ്റ്റെമ്പും ഒക്കെ അയാൾ ഔട്ടായ അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോകും ഞാൻ ഇനി കളിക്കാനില്ല എന്ന് പറയും അയാൾ ഔട്ടായി കഴിഞ്ഞാൽ അയാൾ പറയും ഇനി ഞാൻ കളിക്കാനില്ല നിങ്ങൾ പറ്റിക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പോകും അതുപോലെ എപ്പോഴാണോ നമ്മൾ തോൽക്കുന്നത് ജീവിതത്തില് അപ്പൊ നമ്മളുടെ സ്റ്റെമ്പ് കുറ്റിയും പുഴക്കി നടക്കുക എന്ന് പറയില്ലേ അപ്പൊ കുറ്റിയൊക്കെ പുഴക്കി ഞാൻ കളിക്കാനില്ല എന്ന് പറയും അത് വേറെ കളിയൊക്കെ രസമാണ് എപ്പൊ നമ്മൾ തോൽക്കണമോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷമമോ ദുഃഖമോ ഒക്കെ വരുമ്പോ അപ്പൊ ഞാനില്ല അതാണ് ഇനി ഇത് ഈ കളി രസമില്ല അതുവരെ കളിയാണ് അതുവരെ ആരൊക്കെ എന്തൊക്കെ വേദാന്തം പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ അയ്യേ ഇതിലൊക്കെ എന്താ ഉള്ളത് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യനെന്നൊക്കെ പറയും ഇത് എപ്പം നമുക്ക് വിഷമം വരണോ അപ്പോഴാണ് ഇത് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് പുറപ്പെടുക ഇതാണ് ആ ക്രീഡ അവസാനിക്കാനായപ്പോ ഒക്കെ കുറ്റി പുഴക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഗീതയും ഭാഗവതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കില്ല എപ്പോഴാണോ ദുഃഖം വരണത് അപ്പോഴാണ് ഈ കളി അവസാനിപ്പിക്കാൻ നിൽക്കുന്നത് ഈ ജീവൻ മാറ്റാൻ നിൽക്കുന്നത് വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപത വേഷം മാറ്റാൻ നിൽക്കട്ടെ അപ്പോ ഈ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്ത് ഭഗവാൻ പറഞ്ഞു ഈ വിശ്വരൂപനായ എന്നിൽ മനസ്സ് വെച്ചുകൊണ്ട് എന്നെ ഉപാസിക്ക എന്നെ തന്നെ നീ പ്രാപിക്കും മത്കർമ്മകൃത് മത്പരമഹാ മദ്ഭക്ത സംഗവർജിതാ നിർവൈര സർവഭൂതേഷു എസ് സമാമേതി പാണ്ഡവ എന്ന് പറഞ്ഞപ്പോഴാണ് അർജുനൻ ചോദിച്ചത് ഭഗവാനോട് നമ്മളിപ്പോ വായിച്ച ശ്ലോകം ഭഗവാനോട് ചോദിച്ചു सततयुक्ता ये भक्तासते चरम अव्यक्त योग विमा सततयुक्ता सततस्टेंट योगति भंगम കണ്ണടച്ചാലും കണ്ണു തുറന്നിരുന്നാലും ഇന്ദ്രിയങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും ചിന്തിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അവര് യോഗത്തിന് മറവില്ല എന്താന്ന് വെച്ചാൽ ഭഗവാനെ ഇതൊക്കെ തന്നെ ഭഗവാനാണെന്ന് അറിഞ്ഞിട്ട് ഉപാസിക്കുന്നവരെയാണ് സതതയോഗികള് എന്ന് പറഞ്ഞത് ഏവം സതതയുക്തായ ഭക്ത ത്വാം പരിസമതാത്ത ഉപാസ അങ്ങനെ ഉപാസിക്കുകയാണ് അവര് അവർക്ക് ഭഗവാൻ ഒരു പ്രത്യേക രൂപത്തിലോ പ്രത്യേക ഭാവത്തിലോ എല്ലാ രൂപത്തിലും എല്ലാ ഭാവത്തിലുമാണ് അങ്ങനെ കാണാനായിട്ട് ഉപാസിക്കാം അവർക്ക് ദർശനമല്ല ഉപാസന തന്നെയാണ് അതുകൊണ്ടാണ് ഈ ചോദ്യമൊക്കെ വരേണ്ടത് ഉപാസിക്കാം അവര് നേടിയെടുത്തവരല്ല പക്ഷെ അവർക്ക് അവരുടെ ഭഗവാൻ ഒരു പ്രത്യേക സ്ഥലത്തല്ല എല്ലായിടത്തും ഉണ്ട് അവരുടെ ഭഗവാൻ ഒരു പ്രത്യേക ഭാവത്തിലല്ല എല്ലാ ഭാവത്തിലുണ്ട് എല്ലാം കർമ്മേതിഹസ്തയോ ഗതിരിതി പാദയോ വിമുക്തിരിതി പായൗ ശ്രുതി പറയണത് കർമ്മമെന്ന് കയ്യിൽ ഭഗവാനെ ഉപാസിക്കുന്നു ചലനമെന്ന് കാലിൽ ഭഗവാനെ ഉപാസിക്കുന്നു വിസർജനമെന്ന് പായുവിൽ ഭഗവാനെ ഉപാസിക്കണമെന്നാണ് കർമ്മേതിഹസ്തയോ ഗതിരിതി പാതയോ വിമുക്തിരിതി പായൗ ഇതൊക്കെ ഇതൊക്കെ ഭഗവാനെ ഒരു പ്രത്യേക രീതിയിൽ മാത്രമല്ല കൈകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ കർമ്മേതി ഹസ്തയോഹോ കർമ്മരൂപത്തിൽ ഭഗവാൻ ഇതിൽ പ്രവർത്തിക്കുകയാണെന്ന് ഗതിരീതി പാതയോഹോ നടക്കുമ്പോ നടക്കുന്നത് ഭഗവാനാണ് വിമുക്തിരീതി പായവും രാവിലെ എണീറ്റ് നല്ലവണ്ണം വയറ് ക്ലീനായാൽ ആ രീതിയിൽ ഭഗവാനാണെന്ന് ചിരിക്കാൻ പാടില്ല ഓരോ കർമ്മമും ഇന്ദ്രിയങ്ങളുടെ പ്രാണന്റെ സകല ചലനങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കാം ആ ഉപാസനയ്ക്ക് ആദ്യമോ അന്തോ ഉണ്ടോ രാവിലെ എനിക്ക് കുളിച്ചു കുറിയിട്ടിട്ട് തുടങ്ങുന്നൊന്നുമില്ല രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പൊ തുടങ്ങി പല്ലിലേക്കുമ്പോ തുടങ്ങി വിസർജനം ചെയ്യുമ്പോ കുളിക്കുമ്പോ ഒക്കെ തന്നെ നടക്കുമ്പോ ഇരിക്കുമ്പോ ഒക്കെ പക്ഷെ ഒന്ന് ആലോചിക്കണം ഇത് ബുദ്ധി കൊണ്ട് വെറുതെ ഡെഫനേഷൻ കൊടുത്താ പോരാ അനുസ്യൂത സമാധിയാണ് വെറുതെ ബുദ്ധി കൊണ്ട് പറയാം ഒക്കെ ആത്മാവാണ് ബ്രഹ്മമാണ് ചൈതന്യമാണെന്ന് വായ കൊണ്ട് പറയാനുള്ളതല്ല വായ കൊണ്ട് പറയാനേ അല്ല ഇത് ഇത് ചെയ്യണമെങ്കിൽ ശരിക്കേ ഉള്ളിൽ കണ്ടാലേ പറ്റുള്ളൂ ഇന്ന് വെറുതെ പറയുമ്പോ വളരെ എളുപ്പം പോലെ തോന്നും അഭിമാന വൃത്തിയെ ഉദിക്കാതെ പ്രഹ്ലാദൻ അങ്ങനെ ഇരുന്നു എന്നാണ് ഭാഗവതത്തിൽ പറയണത് ആസീന സംവിശന്ന് തിഷ്ഠന് ശയാന പ്രഭിപന് ധ്രുവന് ന അനുസന്ധത്തെ ഏതാനി ഗോവിന്ദ പരിരംഭിത ഇരിക്കണോ നടക്കണോ ചിന്തിക്കണോ വർത്തമാനം പറയണോ ഒക്കെ പറയുമ്പോഴും ഒന്നും ചെയ്യണില്ല എന്താ ഗോവിന്ദ പരിരംഭിത ഹൃദയത്തിൽ ഗോവിന്ദനെ പരിരംഭണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അത് സാക്ഷാത്കാരം ചെയ്ത ആളുകളുടെ സ്ഥിതി ഉപാസന ചെയ്യുമ്പോഴെന്താ പശ്യൻ ശൃണ്വൻ സ്പൃശൻ ധിഗ്രൻ നശ്നൻ ഗൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷൻ അപ്പി ഇന്ദ്രിയണീന്ദ്രിയാർത്ഥേഷു വർത്ത ഇതി ധാരണങ്ങളോട് ഗീത യോഗവാസിഷ്ടത്തിൽ ഇതേ ശ്ലോകം പറഞ്ഞ് സദാ സംവിന്മയോ ഭവേത് ഇതൊക്കെ ചെയ്യുമ്പോഴും സംവിത്തിലാണ് ശ്രദ്ധ കാണുമ്പോഴും കാണുന്നവനിൽ ശ്രദ്ധ കേൾക്കുമ്പോഴും കേൾക്കുന്നവനിൽ ശ്രദ്ധ മണക്കുമ്പോഴും മണക്കുന്നവനിൽ ശ്രദ്ധ ചലിക്കുമ്പോഴും ചലിക്കുന്നവനിൽ ശ്രദ്ധ ശ്രദ്ധ തന്നിലാണ് ആരാണ് ഞാൻ ഞാൻ എന്താണ് ഈ കാണുന്ന ഞാൻ ആരാണ് ഇതിപ്പോ ആദ്യം ചോദ്യ രൂപത്തിൽ പിന്നെ ശ്രദ്ധാ രൂപത്തിൽ കാണുന്നവനെ വിടണേയില്ല കേൾക്കുന്നവനെ പിടിവിടണില്ല മണക്കുന്നവനെ പിടിവിടണില്ല ഊണ് കഴിക്കുമ്പോ ഉണ്ണുന്നവനാരാ പ്രാണാഗ്നിഹോത്രം എന്ന് പറയും ഉണ്ണുന്നവനാരാ പ്രഭു പ്രീണാതി വിശ്വഭുഖ് എന്നാണ് വൈശ്വദേവത്വം കഴിഞ്ഞ് വൈശ്വം കഴിഞ്ഞൊരു പറയണ മന്ത്രം അങ്കുഷ്ടമാത്ര പുരുഷ അങ്കുഷ്ടം ചമാശ്രിത ഈശ സർവസ്യ ജഗത പ്രഭു പ്രീണാതി വിശ്വഭുഖ് ഉള്ളിലുള്ള പ്രഭു പ്രീണാതി സന്തോഷപ്പെട്ടു കൊണ്ടാണ് ഊണ് കഴിച്ചപ്പോ അദ്ദേഹമാണ് ഊണ് കഴിച്ചത് ഞാനല്ല വൈദിക കർമ്മ മുഴുവൻ ഈ സാക്ഷാത്കാരത്തിനുള്ള യത്നമാണ് അപ്പോ നമ്മളുടെ ഉപാസന നമ്മളുടെ ഭക്തി കുറച്ചു നേരം കൊണ്ട് അവസാനിച്ചില്ല നാമസ്മരണ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുമ്പോഴൊക്കെ തന്നെ ആ ഹരി ഹരിനാമം പറയുമ്പോ ഹരി എവിടെയാ ഉള്ളത് എപ്പോഴും ഹരിനാമത്തിനൊരാരംഭവും വലിയ അവസാനവും ഇല്ല എന്താ ശ്വാസോച്ഛ്വാസം ഉണ്ടോ അതുവരെ വേണം അപ്പോഴൊക്കെ തന്നെ അതിനോട് അതുകൊണ്ടാണ് പറഞ്ഞത് ശ്വാസോച്ഛ്വാസത്തിനോടൊപ്പം നാമം ജപിക്കുക എന്ന് പറയാൻ കാരണം എന്താ അത് നിർത്താൻ പറ്റില്ലല്ലോ അപ്പൊ ഇതും നിർത്താൻ പറ്റില്ല അപ്പൊ സകല കർമ്മങ്ങൾക്ക് പുറകിലും എന്നുള്ളത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അവസാനം എന്താ ജപമേ ഇല്ല എന്നാണ് ജ്ഞാനദേവൻ പറഞ്ഞു ജ്ഞാനദേവ മൗന ജപമാല അന്തരീൻ ഏകതത്വനാമ ദൃഢധരി മന ഒരു അഭംഗത്തിലെ ജ്ഞാനദേവൻ പറഞ്ഞു ഒരു നാമം പിടിക്കാം അത് നാമം പറയുമ്പോ പറഞ്ഞു ഏകതത്വനാമ ദൃഢധരിമന് ദൃഢമായിട്ട് മന ഉള്ളില് ധരിക്കൂ ഏകതത്വനാമെന്നാണ് ഒരേ ഒരു വസ്തുവേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് നാമത്തിന് പിടിക്കാം ഇന്നലെ പറഞ്ഞല്ലോ ത്യാഗരാജ കീർത്തനം തെലസി രാമചിന്തത്വം ഏകതത്വനാമ ദൃഢധരിമന് ഹരിക്ക് കൃപ ഹരിയുടെ കൃപ ഉണ്ടാവും നിനക്കെന്ന് കൃപ ഉണ്ടായാലും എന്തു പറ്റും അവസാനം ജ്ഞാനദേവ് മൗനൻ ജ്ഞാനദേവൻ മൗനമായിരിക്കണമെന്ന് ജപമാല എവിടെ കയ്യിൽ ജപമാലയല്ലോ ജപമാല അന്തരി കൈ ഈ ഉരുട്ടണം ഉരുട്ടലിൽ നിന്നു പോവും എപ്പോഴെങ്കിലുമൊക്കെ നിൽക്കും ഇപ്പൊ ഉരുട്ടലേ നിൽക്കണില്ല ജപമാല തിരിയണത് നിൽക്കണേയില്ല പുറത്ത് ജപമാലയെ ഇല്ല ജപമാല അന്തരി ആ ജപമാല ആരാ പിടിച്ച് ഇരിക്കുന്നത് ഹരി ഹൃദയത്തിൽ പിടിച്ചുകൊണ്ട് ജപിക്കാൻ തുടങ്ങിയതാണ് ഹരി ജപിച്ചുകൊണ്ടേ ഇരിക്കാത്ര ഹൃദയത്തിൽ ഹരി ജപിക്കണമെന്നാണ് ഞാൻ ജപിക്കാമെന്ന് ഇപ്പൊ ഞാൻ ജപിച്ചാൽ തുടങ്ങും അവസാനിക്കും ഞാൻ ചെയ്യുന്നതിന് എല്ലാത്തിനും ആരംഭേണ്ട അവസാനമുണ്ട് കാരണം ഞാനിന് തന്നെ ആരംഭമുണ്ടല്ലോ ഞാനിന് അവസാനമുണ്ടല്ലോ ഈ ജപത്തിന് അവസാനവും വലിയ ആദ്യുമില്ല സദാ ഹൃദയത്തില് അഖണ്ഡസ്മരണയാണ് ആ അഖണ്ഡ സ്മരണ അവിച്ഛുത്തി ഭാഗവിതത്തിൽ അവിച്ഛുത്തി വിച്ഛുത്തി വിച്ഛുതിയില്ല വിച്ഛിത്തിയില്ല ആ വിഛിത്തിയില്ലാത്തതാണ് സതതയോഗം എന്നിവിടെ പറഞ്ഞു ഭഗവാൻ ഏവം സതതയുക്തായേ ഭക്താഹ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് അത്ര കണ്ട് ഉള്ളില് ഈ അഹന്ത ഉദിക്കാത്ത സ്ഥിതിയിലേക്ക് പോകണം അപ്പൊ അർജുനൻ ഇവിടെ ചോദിക്കുന്നത് നമ്മളുടെ ബുദ്ധിയാണ് അർജുനനെ അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് ഉപദേശിച്ചത് ഗീത ഭീമനാണെങ്കിൽ ഗീത കേൾക്കുമ്പോ തുടങ്ങിയപ്പോ തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഭീമനും വേണ്ട ധർമ്മപുത്ര അദ്ദേഹം കുറെ അധികം പഠിച്ചുപോയി ധർമ്മശാസ്ത്രത്തിലൊക്കെ അത് നമ്മളെപ്പോലെ ഏകദേശം ഒരു മീഡിയം ലെവലിൽ ഇരിക്കുന്ന ആളായതുകൊണ്ടാണ് അർജുനൻ സഹദേവനും വേണ്ട അദ്ദേഹം ജ്ഞാനിയായിരുന്നു എന്താണ് കൃഷ്ണൻ ദൂതിന് പോകുമ്പോ ധർമ്മപുത്രരോട് ചോദിച്ചു ഞാൻ എന്താ അവിടെ പോയി പറയേണ്ടതെന്ന് ചോദിച്ചു കൗരവ സഭയിൽ അപ്പൊ ധർമ്മപുത്ര പറഞ്ഞു യുദ്ധം വരാൻ പാടില്ല എങ്ങനെയെങ്കിലും യുദ്ധത്തിനെ നിർത്തണം യുദ്ധം വരാതാക്കണം ഭീമനോട് ചോദിച്ചു ഏട്ടമറൊന്നും കേൾക്കണ്ട ഞാൻ ഈ ഗത ദിവസം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ദുര്യോധനന്റെ തൊടതല്ലി തകർക്കണം ദുശാസനെ നെഞ്ചു വളർക്കണം എന്തൊക്കെ പറഞ്ഞ് ദുര്യ തന്റെ ശാ ശപഥം നൂറുപേരെ ഞാൻ നിങ്ങളൊക്കെ നീ പോയി നിർത്തിയിട്ട് വന്നാലും ഞാൻ യുദ്ധം ചെയ്യും അർജുനൻ പറഞ്ഞു കൃഷ്ണ നിനക്കറിയാലോ ഈ ഗാന്ഡീവം ഇതും പാശുപഥവും ഒക്കെ വാങ്ങി വെറുതെ എന്നാലും നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതിട്ട് ചെയ്യാം ഒരു ഹ്യൂമൻ ബ്രെയിനാണ് അർജുനൻ ശരി എന്നാലും നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതിട്ട് നകുലനും അതുപോലെ എന്തോ പറഞ്ഞു ദ്രൗപദി തന്റെ തലമുടിയൊക്കെ കാണിച്ചു കൊടുത്തു അഴിച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്നാണ് സഹദേവനോട് അടുത്ത് ഭഗവാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടപ്പോ ദൂതിന് പോയിട്ട് അവിടെ പോയി എന്ത് ചെയ്യണം സഹദേവൻ പറഞ്ഞു നിനക്ക് എന്താ തോന്നണം എന്ന് വെച്ചാൽ ചെയ്തോളാ അപ്പോ ഭഗവാൻ എന്നാലും എല്ലാരും അഭിപ്രായം പറഞ്ഞു നീ വല്ലതും പറയേണ്ടേ അതെന്നെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്താ തോന്നണം എന്ന് വെച്ചാൽ ചെയ്തോള എന്നാലും യുദ്ധം നിർത്താൻ ഒരു യത്നം ഒരു പീസ് എന്താ പറയാ ശാന്തി ദൂതായിട്ടല്ലേ പോണത്തെ ഒരു ശാന്തി ദൂത്തിന് പോയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് തന്നെ ശാന്തി വരണമെങ്കിൽ എന്ത് വേണോ അറിയോ ആദ്യം ഈ ഭീമന്റെ ഒക്കെ ഗതയൊക്കെ ഈ അർജുനന്റെ ഗാന്ഡിയവും ഒക്കെ പറിച്ചു വെക്കണോ കയ്യിൽ ദ്രൗപദിയുടെ തലമുടിയൊക്കെ കെട്ടിയിടണം ഇവരുടെ ശപഥവും ഇതും ഒക്കെ വിട്ടുകളയണം അങ്ങനെയാണെങ്കിൽ ശാന്തി വരുവോ പോരാ നിന്നെ ആദ്യം പിടിച്ച് കെട്ടിയിടണം നീ വിടുന്ന് പോയാൽ യുദ്ധം ഉണ്ടാക്കിയിട്ടേ വരുള്ളൂ കാലോസ്മി ലോകക്ഷയകൃപ്രവൃദ്ധ നീ വന്നിരിക്കുന്നത് തന്നെ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാം അവസാനിപ്പിക്കാൻ നിന്നെ ആദ്യം പിടിച്ച് കെട്ടിയിടണം അപ്പൊ ഭഗവാൻ സഹദേവനോട് പറഞ്ഞു അത്രയും നിനക്ക് എന്നെ കെട്ടിയിടാൻ പറ്റുമോ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തു എന്നാണ് സഹദേവൻ അപ്പൊ സഹദേവൻ പറഞ്ഞു നീ എത്ര വലുതായാലും എന്റെ ഉള്ളിൽ ഒതുങ്ങും എന്നാണ് അഹം ആത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത നീ എത്ര മണി വലുതായിക്കോളൂ വിശ്വതശക്ഷു അങ്കുഷ്ടമാത്ര പുരുഷ എന്നെ ഞാൻ ഉള്ളിലെ എന്റെ അന്തരിയാമിയായിട്ട് കാണുന്നു ഭഗവാൻ പറഞ്ഞു തന്നെ എന്റെ അടുത്ത് ഞാൻ തോറ്റു ഞാൻ ഈതു ആത്മയവമേ മതം അപ്പൊ അർജുനൻ നമ്മൾക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വേണമെന്ന് പറയും ഭഗവാൻ അഭ്യാസ മനസ്സിനെ നിഗ്രഹം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ അപ്പൊ കറക്റ്റായിട്ട് അർജുനൻ പറയും ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവദൃഢം ഭഗവാനെ മനസ്സ് ചഞ്ചലമാണ് പിടിച്ചിട്ട് നിൽക്കുന്നില്ലാ പറയുമ്പോ നമുക്ക് സന്തോഷവും നമ്മളെപ്പോലെ വർത്തമാനം പറയണ നമ്മളെ പോലെ ഒരാള് പറയണമെന്ന് തോന്നുന്നു അതേപോലെയാണ് അർജുനൻ ഇവിടെ നമ്മളുടെ ബുദ്ധി മനുഷ്യബുദ്ധി എന്താ കമ്പാരിസൺ അല്ലെ എപ്പോഴും ഉപമിച്ചു നോക്കും ഗീത പറയും ഇദ്ദേഹം അദ്ദേഹത്തിനെ പോലെ പറഞ്ഞില്ല അദ്ദേഹത്തിനെ പോലെ ഇതൊക്കെ പറയും നമ്മൾ ബുദ്ധി ഇത് ശരിയാണോ അത് ശരിയാണോ ഭക്തിയോഗമാണോ ജ്ഞാനയോഗമാണോ കർമ്മയോഗമാണോ രാജയോഗമാണോ ഇതാണോ അതാണോ എന്നൊക്കെ ചോദിക്കും നമ്മൾ ആളുകളും അങ്ങനെ ചോദിക്കും ഭക്തിയോഗമാണോ ഞാൻ പോകേണ്ടത് ജ്ഞാനയോഗമാണോ അവരെടുത്ത് ജ്ഞാനയോഗത്തിൽ പോകുന്നു പോകാൻ പറ്റുമോ അല്ല ഭക്തിയോഗത്തിൽ പോകും ഇത് എന്താ നമ്മൾ തീരുമാനിച്ചിട്ട് നടക്കുന്നതാണ് എന്നാലും നമ്മളങ്ങനെ ചോദിക്കും ഇതേപോലെയാണ് വളരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ബാലിശമായ ഒരു ചോദ്യം നമ്മൾ ചോദിക്കും അതുപോലെ തന്നെ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട് പക്ഷെ നമുക്ക് അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാലേ നമുക്ക് ചില ഉത്തരവൊക്കെ കിട്ടുള്ളൂ അതിനുവേണ്ടി അർജുനൻ ചോദിക്കണോ ഭഗവാനോട് ഭഗവാനെ ആരാണ് ഏവം സതതയുക്തായ ഭക്ത ഏതൊരു ഭക്തന്മാരാണോ വിശ്വത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായി കണ്ട് എല്ലാ കർമ്മങ്ങളെയും എല്ലാ ഭാവങ്ങളെയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നിരന്തരം ഭഗവത് സ്മരണയെ നിലനിർത്തിക്കൊണ്ട് ഉപാസന ചെയ്യുന്നത് അവരാണോ ശ്രേഷ്ഠന്മാര് അല്ല അന്തർമുഖമായി അക്ഷരമവ്യക്തം ഇന്ദ്രിയങ്ങൾക്ക് വേദ്യമല്ലാത്തതും വ്യക്തം എന്ന് വെച്ചാൽ ഇന്ദ്രിയവേദ്യം എന്നർത്ഥം ഇന്ദ്രിയവേദ്യമല്ലാത്തതും മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റാത്തതും അതേ സമയം അപരോക്ഷമായിട്ടുള്ളതാണത് എങ്കിലും അക്ഷരം അഴിവില്ലാത്തതുമായ ആത്മാവിനെ അറിയുന്നവരുണ്ടല്ലോ ഉപാസിക്കുന്നവർ ഉപാസനയാണ് കാര്യം ഉപാസിക്കുന്നവരുണ്ടല്ലോ ഇത് രണ്ടില ആരാണ് യോഗവിത്തമാഹ ശ്രേഷ്ഠന്മാർ യോഗത്തിനെ അറിഞ്ഞവരിൽ യോഗവിത്തുക്കളാരാണ് അങ്ങനൊരു വിത്തില്ല യോഗവി യോഗത്തിനെ അറിഞ്ഞവർ യോഗവിത്തമാഹ യോഗത്തിനെ അറിഞ്ഞവരിൽ ശേഷം ഈ ചോദ്യം തന്നെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അർജുനന്റെ ചോദ്യത്തിന് തെറ്റ് നമുക്ക് പറയാം നമ്മളാണ് ചോദിക്കുന്നത് ഈ ചോദ്യം നമ്മളുടെയാണ് എന്താന്ന് വെച്ചാൽ ഇത് രണ്ടല്ല ഇത് രണ്ടു മാർഗമല്ല ഒന്ന് ഒന്നിലു കൊണ്ടാക്കുന്നതാണ് ഇവിടെ രണ്ടു മാർഗമേ നിൽക്കില്ല അക്ഷരത്തിനെ അറിഞ്ഞവൻ വിശ്വത്തിനെ മുഴുവൻ ഭഗവാനായിട്ട് കാണും വിശ്വത്തിനെ ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നവൻ എപ്പോഴോ ഈ കാണുന്നവനിലേക്ക് വരും അല്ലാതെ വിശ്വത്തിനെ ഭഗവാനായി കാണാൻ പറ്റില്ല സകലതും വാസുദേവ സ്വരൂപമായി കാണുമ്പോ ഈ കാണുന്നവനാരാം ഞാൻ എന്റെ അഭിമാനമൊക്കെ പോയി പോകുമല്ലോ അവിടെ വിണ്ണാകി മണ്ണാകി വാനാകി വെളിയാകി വിണ്ണാകി മണ്ണാകി ഒളിയാകി ഊനാകി ഉയരായി ഉണ്മയുമായി ഇന്മയുമായി കോനാകി യാൻ എന്നത് എന്നവരെ കൂത്താട്ടുവാനാകി ഇന്റനയേ എൻ ചൊല്ലി വാഴത്തുവനേ തിരുവാചകത്തിലെ മാണിക്കവാചകർ ഒരു പാട്ടുപാടി ആകാശമായും ഭൂമിയായും വലിയ വലിയ ആളുകളായിട്ടും ലോകത്തില് അതേസമയം പല ആളുകൾ ഞാൻ ചെയ്യണു എന്റെ ഏതെന്നൊക്കെ പറഞ്ഞു പലതും ചെയ്യുന്ന ആളുകളും ഒക്കെ ആയിട്ട് ഓരോരുത്തരെയും ഉള്ളിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കണവനായിട്ട് നിൽക്കണമെന്നാണ് ആ അല്ലാതെ വേറൊന്നുമില്ല ആ സാക്ഷാത്കാരം പുറത്തുനിന്ന് തുടങ്ങിയാൽ അകത്തു പോകും അകത്തുനിന്ന് തുടങ്ങിയാൽ പുറത്തു വരും ഈ രണ്ടും കൂടെ പൂർണ്ണമാവണം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത്തെ സാധന പൂർത്തിയാവണത് കണ്ണു തുറന്നിരുന്നും കണ്ണടച്ചിരുന്നാലും ഒക്കെ സമാവണം കണ്ണടച്ചിരിക്കുന്ന ആള് എപ്പോഴെങ്കിലുമൊക്കെ തുറക്കേണ്ടി വരും കണ്ണു തുറന്ന് ഉപാസന ചെയ്യുന്നവനെ എപ്പോഴെങ്കിലും അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് അവ്യക്തത്തിനെ അറിയണം വ്യക്തത്തിനെയും അറിയണം അർജുനൻ ചോദിക്കുന്നത് വ്യക്തത്തിനെ ഭഗവത് സ്വരൂപമായി ഉപാസിക്കുന്നവൻ ശ്രേഷ്ഠനോ അവ്യക്തത്തിനെ ഉപാസിക്കുന്നവൻ ശ്രേഷ്ഠ അപ്പോ അർജുനന് വേണ്ടി ഭഗവാൻ ഉത്തരം പറയുക ഒരിക്കലും അധ്യാത്മത്തിൽ ജനറൽ ആയിട്ട് ഒരു ആൻസർ ഇല്ല ചോദിക്കുന്ന ആൾക്കാണ് ഉത്തരം ചോദ്യത്തിനല്ല ഉത്തരം കണക്കിൽ ചോദ്യം ചോദിച്ചാൽ രണ്ടും രണ്ടും ആര് ചോദിച്ചാലും ബ്രാഹ്മണൻ ചോദിച്ചാലും ക്ഷത്രിയും ചോദിച്ചാലും വൈശ്യൻ ചോദിച്ചാലും ഹിന്ദു ചോദിച്ചാലും അമേരിക്കക്കാരൻ ചോദിച്ചാലും രണ്ടിനുണ്ട് നാല് തന്നെയാണ് പക്ഷേ അധ്യാത്മ വിഷയത്തിൽ ആളുകൾ ചോദ്യം ചോദിക്കുമ്പോ അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊന്നും സത്സംഗത്തിൽ സഭയിൽ വെച്ച് പറയാൻ പറ്റില്ല കാരണം ഒരാൾക്ക് പറയണത് വേറെ ഒരാൾക്ക് പഴിക്കും ഒരാൾ ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിനെ എടുത്താൽ കുഴപ്പമാവും കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോ അർജുനൻ ചോദിക്കണത് അർജുനനാണ് ഉത്തരം അർജുനന്റെ സ്ഥിതിയിലിരിക്കുന്ന ആൾക്കാണ് ഉത്തരം നമ്മുടെ ഭഗവാൻ എടുത്തൊരാൾ ചോദിച്ചു ഭഗവത്ഗീത വാസ്തവത്തിൽ അർജുനന് വേണ്ടി ഭഗവാൻ ഉപദേശിച്ചതാണോ അഥവാ ധൃതരാഷ്ട്രവർക്ക് ഉപദേശിച്ചതാണോ എന്ന് ചോദിച്ചു നമ്മുടെ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞു ധൃതരാഷ്ട്രവർക്കുമല്ല അർജുനനുക്കുമല്ല ഓമക്കു തോന്ന अर्जुनुला धुतराष्ट्रे अ उपदेश अर्जुन निमित्तकृत शोकमोह महोद निमग्न अर्जुन निमित्तृत जगदित उपदिदेश जगत मुन उपदेश അപ്പോ അർജുനൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭഗവാന്റെ എന്താ ഉത്തരം ഭഗവാൻ പറഞ്ഞ അടുത്ത ശ്ലോകം നോക്കാം മയ്യ ശ്രീ ഭഗവാൻ വാച്ച മയ്യാവേശ്യമനോയേമാം നിത്യുക്ത ഉപാസത്തെ श्रद्धया तेमे ेता मयि विश्वे परम आवेश्य सन ये भक्ता सहयोग अधीश्वर सर्वज्ञ विमुक्रागादिक्लेशतिरदृष्टि നിത്യയുക്ത അതീതാനന്തരാധ്യായാന്തേ ഉക്തശ്ലോകാർത്ഥന്യായേന് സതതയുക്ത സന്ത ഉപാസത്തെ കഴിഞ്ഞ അധ്യായത്തില് മത്കർമ്മകൃത് മത്പരമ എന്നൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞ രീതിയില് മൈ ആവേശ വിശ്വരൂപനായ ഭഗവാനിൽ മനസ്സിനെ നിർത്തിക്കൊണ്ട് എന്നുവെച്ചാൽ ഓർമ്മയിൽ ഭഗവാൻ എന്നുള്ള ഭാവം ഉണ്ടാവണം ഭാവം വെച്ചുകൊണ്ട് ഉപാസതേ നിത്യയുക്ത ഉപാസത്തെ മയ്യാവേശ്യമനോയേമാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ ആ ശ്രദ്ധയാണ് നമുക്ക് സത്സംഗത്ത് കിട്ടണം എപ്പൊ ചോട്ടലേക്ക് പോണവോ അപ്പപ്പോ യാതൊന്നു കാണുമ്പതും നാരായണ പ്രതിമ ന്നോർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്സംഗം ശ്രദ്ധയാ പറയോപേത അതുകൊണ്ടാണ് ഭക്തന്മാര് പരസ്പരം നമസ്കരിക്കണതും ഭക്തിക്ക് വളരെ പ്രധാനമായത് നിർമ്മത്സരമാണ് അതാണ് ഭാഗവതം തുടങ്ങുമ്പോൾ പറഞ്ഞു ഭക്തിയൊക്കെ വളരെ ലളിതമാണ് പക്ഷെ നിർമ്മത്സരാണാം സതാം വേദ്യം എന്നാണ് ഉണ്ടെങ്കിൽ ഭക്തി ഫലിക്കില്ല ഒരു ഞാനും ഒരു നീയുമുള്ള സ്ഥലത്ത് ഭക്തി ഫലിക്കില്ല എനിക്ക് ആരോടും കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ എനിക്കൊന്നും നേടിയെടുക്കാനില്ലെങ്കിൽ ലോകത്തിൽ വളരെ എളുപ്പമാണ് അധ്യാത്മമാർഗം അധ്യാത്മമാർഗത്തിൽ നമ്മളുടെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് പ്രസിദ്ധി പണം സ്ഥാനമാനങ്ങളൊക്കെ വരുമ്പോൾ ഈ കുഴപ്പം വരും എപ്പോഴും നമ്മളുടെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടാവും ഒരിക്കലും ഒരാൾക്ക് അതിനൊന്നും പൂർണ്ണമാവാൻ പറ്റില്ല എത്ര പ്രസിദ്ധനായാലും നമ്മളെക്കാളും പ്രസിദ്ധിയുള്ള ആളും മുമ്പിലുണ്ടാവും ഇയാൾ എവിടെയാണ് നിൽക്കാൻ പോണത് ഇതിനുവേണ്ടി ഓടി നടക്കണവൻ നിൽക്കുകയില്ല ഈ അനിത്യമായി മരുമരീചികയ്ക്ക് പുറകിൽ ഓടുന്ന പോലെയാണ് പണത്തിന് മുകളിൽ എത്ര പണക്കാരനായാലും അവനെക്കാളും പണമുള്ളവൻ ആരെങ്കിലും അവനൊരു അവസാനമേ ഉണ്ടാവില്ല ജീവിതം മുഴുവൻ ഇതുകൊണ്ട് നടക്കും അപ്പോ ലോകത്തിനൊന്നിനും ഇവനൊരു അറുതി വരില്ല ശ്രദ്ധ ഇപ്പം ഇപ്പൊ നമുക്ക് പ്രപഞ്ചത്തില് ശ്രദ്ധ ശ്രദ്ധ വരണത് യോ യ സയേവ സഹ ഏതൊന്നും ശ്രദ്ധ വരണോ അതവനതാണ് ആശ്ചര്യമായ ഒരു കാര്യമാണ് ശ്രദ്ധ ശ്രദ്ധ എന്ന് വെച്ചാൽ അന്തർയാമിയുടെ സ്വപ്നശക്തിയാണ് ശ്രദ്ധ ഞാനിപ്പോ പറഞ്ഞ വാക്ക് ഇപ്പൊ വന്നതാണ് അന്തര്യാമിയുടെ സ്വപ്നശക്തിയാണ് ശ്രദ്ധ ഈ വാക്യത്തിന് മുമ്പ് പ്രയോഗിക്കാം സ്വപ്നശക്തി പറഞ്ഞപ്പോ എന്താണെന്നപ്പോ നിങ്ങൾക്ക് ഇതിന് സംശയമുണ്ടാവും പലതിനെയും ഇന്നതാണെന്ന് ഇപ്പൊ ഞാനിപ്പോ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിൽ ഒരു സ്വപ്നത്തിന്റെ ബീജം വീഴും അതിനെ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ ബലം കൊണ്ടാണ് നിങ്ങൾക്ക് ഗുരു ഉണ്ടാവുന്നതും ഭാവിയിൽ നിങ്ങൾക്കായ ഒരു സാധനാ മാർഗം തുറന്നു കിട്ടുന്നതും മോക്ഷമാർഗം തുറന്നു കിട്ടുന്നതും നിങ്ങൾ ജീവൻ മുക്തന്മാരാവുന്നതും ഒക്കെ ആ സ്വപ്നശക്തിയുടെ ബലം കൊണ്ടാണ് ഈ സ്വപ്നശക്തി ഏതേതിന്റെ നേരത്തെ വീണോ അതതിനെ ഉണ്മയായി കരുതി അതിനുവേണ്ടി യത്നമും നമ്മളുടെ നമ്മളുടെ എനർജിയും മുഴുവൻ കൊണ്ടുവരും ഇപ്പൊ പണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനമാണോ അത് ഒന്നുമല്ല വെറുമൊരു കടലാസാണ് അല്ലെ ഇപ്പൊ നാളെ വന്നിട്ട് നമ്മളുടെ ഈ എക്കണോമിക്കൽ സിസ്റ്റം ഒക്കെ മാറ്റിയിട്ട് ഈ നോട്ട് വാങ്ങലൊന്നും പ്രയോജനമില്ല പുതിയൊരു പദ്ധതി ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ വീട്ടിൽ കെട്ടുകെട്ടായി അടക്കി വെച്ചിരിക്കണവരൊക്കെ സപ്താഹത്തിന് പ്രസാദം പൊതിഞ്ഞു കൊടുക്കാൻ കൂടി വരും സപ്താഹം കഴിഞ്ഞ് പോകുമ്പോൾ രൂപ നോട്ടിലൊക്കെ കുങ്കുമോക്ക് പൊതിഞ്ഞു കൊടുക്കും നമ്മൾ ഭസ്മവും ചന്ദനവും ഒക്കെ പൊതിഞ്ഞുകൊടുക്കും എന്താ ഇന്നലെ വരെ അത് എവിടെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ എന്തൊക്കെയോ ഡാൻസ് കളിക്കലും ഒക്കെ ഉണ്ടായിരുന്നതുള്ള ലോകം എന്ത് പറ്റി ഇപ്പൊ അതിലൊന്നും ഇല്ല അതിലില്ലായ കണ്ടു അപ്പോ പുറത്തുള്ള ഒന്നുമല്ല നമ്മള് ഏതോ ഒന്നിൽ നമ്മൾക്ക് എന്ത് എന്തോ ഒരു ഫുൾഫിൽമെന്റ് ഉള്ളിലൊരു ഒരു ശക്തി ഉദ് ഉദ്ബുദ്ധമായിട്ട് ഒന്നിൽ പണത്തിൽ കണ്ടാൽ പണത്തിലേക്ക് മനസ്സ് പോകും പ്രസിദ്ധിയാണ് അതിലാണോ ഉള്ളതെന്ന് തോന്നി അതിലേക്ക് പോവും സൗന്ദര്യത്തിലാണെന്ന് തോന്നിയാൽ സൗന്ദര്യത്തിൽ പോകും ആ സ്വപ്നശക്തി എപ്പോഴാണോ ഭഗവാൻ എന്ന ഭാവത്തിനെ കേട്ട് അതൊരു മാജിക് വേഡ് ആവുകയാണ് അപ്പോൾ നാമമൊക്കെ എങ്ങനെയാണ് ഒരേ നാമം തന്നെ ചിലർക്കൊക്കെ അതൊന്നും ഒരു രുചിയും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അതേ പരമഭാഗവതന്മാരിലൂടെ വരുമ്പോ അതിലേക്ക് ഒരു ഒരു വിസ്മയ ശക്തി വരും എന്താന്ന് വെച്ചാൽ അവരുടെ സ്വപ്നശക്തിയാണത് അവര് ആ നാമത്തിനുള്ളിലേക്ക് ഭഗവാനെയും ഭഗവത്ഭാവത്തിനെയും അനുഭൂതിയെയും അതിന്റെ രസത്തിനെയും ഭാവത്തിനെയും ഒക്കെ അതിലേക്ക് നിറയ്ക്കുകയാണ് അവരെ അവർ തന്നെ സ്വപ്ന അവരുടെ ശരീരം തന്നെ സ്വപ്ന ശരീരമാണ് എല്ലാവരുടെ ശരീരവും സ്വപ്ന ശരീരമാണ് പക്ഷേ കാമത്തിന്റെയും കുടന്ത്രത്തിന്റെയും ഒക്കെ സ്വപ്ന ശരീരമായിരിക്കും അവരുടെ ശരീരം ഭക്തിയുടെ സ്വപ്ന ശരീരമായതുകൊണ്ട് അത് കാണുമ്പോ തന്നെ അതിന് യോഗ്യതയുള്ള ആളുടെ ഉള്ളിൽ അതിന്റെ സ്വപ്ന ബീജം വീഴുകയും നാമം ജപിക്കുമ്പോഴൊക്കെ അതിന്റെ സ്വപ്നമുള്ളിൽ വീഴുകയും ഒക്കെ ചെയ്യും പതുക്കെ പതുക്കെ പതുക്കെ സ്വപ്നമാണ് ജാഗ്രത്തിനും ആത്മാവിനും നടുവിലുള്ള ബന്ധന ആ സ്വപ്നം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിഷയാകാരമായിട്ട് തീരും ആ സ്വപ്നം ഭഗവാനെക്കുറിച്ച് കണ്ടു തുടങ്ങുമ്പോ അല്ലേ ഇപ്പൊ നമ്മളെ പലതും കാണുന്നു ഗോവർദ്ധനമോ ഗോലോകമോ അല്ലെങ്കിൽ കൈലാസമോ വൈകുണ്ഠമോ ഒക്കെ ഒരു സ്വപ്നം കണ്ടു തുടങ്ങുന്നു ആ സ്വപ്നത്തിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട് ഏതോ പാരമാർത്ഥികമായ ദിവ്യമായ ധാമം അത്ര അതാണ് മുഖ്യം ആ ദിവ്യമായ ധാമം ആ അതാണ് ഭഗവാനിവിടെ ശ്രദ്ധ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ശ്രദ്ധയാ പറയോപേതാഹ ആ ശ്രദ്ധ പരമമായ നിർവൃത്തിക്കുവേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്വപ്നശക്തിയാണ് ആ ശ്രദ്ധാശക്തി ഭഗവത്പരമായി തീരുകയും പരമാത്മപരമായി തീരുകയും ഏതൊന്ന് നിത്യമാണോ ഏതൊന്ന് ശുദ്ധമാണോ ഏതൊന്ന് കിട്ടിയാൽ അതിനു കിട്ടാനില്ലയോ ഏതൊന്ന് ലൗകികമല്ലയോ അങ്ങനെ ഒന്നിനെ സ്വപ്നം കണ്ട് തുടങ്ങുകയാണ് അങ്ങനെ മയ്യാവേശ്യമനോയേമാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പറയാ അവർ പരമമായ ശ്രദ്ധയോടുകൂടെ തന്നെ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും മണക്കപ്പെടുന്നതുമായ സകല പ്രപഞ്ചനാമരൂപങ്ങൾക്കു പുറകിലും ഇരിക്കുന്ന അന്തര്യാമിയായ ഭഗവാനെ നാരായണനെ ഭാവനാശക്തി കൊണ്ട് അതാണ് ഭഗവാൻ പറഞ്ഞ ഭാവനയില്ലെങ്കിൽ ഞാനുണ്ടാവില്ല അഭാവയത ശാന്തി അശാന്ത കുത്തസുഖം എന്ന് ചോദിച്ചു ഭവത്തുഹു ഭവനാനുകൂല വ്യാപാര വിശേഷ എന്നാണ് മീമാംസകന്മാർ പറയുക ഒരു കർമ്മത്തിന് ശക്തിയില്ല കർമ്മത്തിന് പുറകിലെ ഭവത്തുഹു ഭവനാനുകൂല വ്യാപാര വിശേഷ എന്തായി തീരുന്നു അതിന് അനുകൂലമായ ഒരു ഭാവനാവിശേഷം ഇയാളുടെ ഉള്ളിലുണ്ടാവണമെന്ന് ആ ഭാവനാവിശേഷം ശ്രദ്ധയിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്തിൽ ശ്രദ്ധ ഉണ്ടാവണോ അതിനനുസരിച്ചുള്ള ഭാവന എന്ത് ഭാവന ഉണ്ടാവണോ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തി അപ്പോ സകലനാ പ്രപഞ്ച ദർശനത്തിലും വ്യവഹാരത്തിനു പുറകിലും വിസ്മയകരമായിട്ടുള്ള ഈ ശ്രദ്ധ എന്ന് പറയണത് ഉണ്ടായിക്കഴിഞ്ഞാൽ ത്വയാഷ്ട ഋഷിർഭവതി ദേവി മേധാസൂക്തം ശ്രദ്ധാസൂക്തൊക്കെ ഒന്നു തന്നെ എന്നെ തൊട്ടു കഴിഞ്ഞാൽ ഒരാൾ ഋഷിയാവുമേ ദേവി എന്നാണ് ത്വയാ ഋഷിർഭവതി ദേവി വേദം ഈ ശ്രദ്ധയെ തൊട്ടുകഴിഞ്ഞാൽ ഈ മേധയെ തൊട്ട് കഴിഞ്ഞാൽ അയാൾ ഋഷിയാവും ആ വിസ്മയ ശക്തി ആവേശിക്കുക എന്നാണ് ഒരാളില് കഠോപനിഷത്തിൽ നച്ചേതസിന് പെട്ടെന്ന് ശ്രദ്ധ ഉണ്ടായി രക്ഷണയൊക്കെ കൊണ്ടുപോയി യാഗത്തിന് പുറകിൽ ആ കുട്ടി ഇങ്ങനെ നടക്കുമ്പോ ശ്രദ്ധാവിവേഷ അയാളിൽ ഉഷൻഹവൈവാജസ്സ വശ സർവേദസന്തൗ തസഹ നചിക്കേതാമ പുത്രാസ തംഹ കുമാരം സന്തം ദക്ഷിണാസു ശ്രദ്ധാവിവേഷ സോമന്യ